സർവലോകമഹേശ്വരം യജ്ഞങ്ങളുടെയും തപസിന്റെയും ഒക്കെ ഫലത്തിനെ അനുഭവിക്കുന്നവനും സർവജഗത്തിനും മഹേശ്വരനായിട്ടുള്ളവനും അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റുമോ ലോകത്തില് വളരെ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരുടെ അടുത്തുകൂടെ നമുക്ക് പോവാൻ വയ്യ പക്ഷെ സുഹൃദം സർവഭൂതാനാണ് എല്ലാവരുടെയും സുഹൃത്ത് ഇവിടെ സുഹൃത്ത് എന്ന് വെച്ചാൽ കൂടെ നടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല സുഷ്ടുഹൃദയ സ്ഥിത എല്ലാവരുടെയും ഹൃദയത്തിൽ തന്നെ ഇനി അടുക്കാൻ വയ്യ അത്ര കണ്ട് അടുത്തിരിക്കുന്നവൻ നമുക്ക് ഹിതോപദേഷ്ടാവായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായിട്ട് ഓരോരുത്തരുടെ ഹൃദയസ്ഥാനത്തിലും പ്രിയമേ സ്വരൂപമായി പ്രകാശിക്കുന്നവൻ ഭഗവാൻ സുഹൃദം സർവഭൂതാനം നമുക്ക് എനിക്ക് മാത്രമല്ല ഓരോരുത്തർക്കും എല്ലാവരുടെ ഹൃദയത്തിലും സുഹൃത്തായിട്ട് സാക്ഷിയായിട്ട് രക്ഷകനായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലും അറിയണില്ല അറിയാത്തത് കൊണ്ട് അശാന്തി എന്നാണ് ജ്ഞാത്വാമാം ശാന്തി മറിച്ചതി അറിഞ്ഞാൽ ശാന്തി അറിഞ്ഞിട്ടില്ലെങ്കിലോ അശാന്തി അതാണ് ജ്ഞാനം കൊണ്ട് ശാന്തി ജ്ഞാനമില്ലെങ്കിലോ അശാന്തി അറിഞ്ഞാൽ എന്താ വൈശിഷ്ട്യം ഉണ്ടാവണത് നമ്മളൊക്കെ ഇപ്പൊ ഭഗവാനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണവരാണല്ലോ ഈശ്വരനെ വിശ്വസിക്കാത്തവരിപ്പരുണ്ടോ ഇവിടെ ലോകത്തില് വലിയ വലിയ ക്രിമിനൽസ് പോലും ആദ്യ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാ പോണത് അവര് ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾ ആദ്യം ഭഗവാനെ റിപ്പോർട്ട് ചെയ്തിട്ടാ പോണത് മുൻകൂർ ജാമ്യം അപ്പൊ അവർക്കും വിശ്വാസമുണ്ട് വിശ്വാസത്തിനും ഭക്തിക്കും എന്താ വ്യത്യാസം നമ്മള് വിശ്വാസം എന്ന് നമ്മളുടെ പുരാണങ്ങളിൽ ഒരു സ്ഥലത്തും ഒരു വാക്കില്ല ഭാഗവതത്തിലോ രാമായണത്തിലോ അധ്യാത്മരാമായണത്തിലോ ഗീതയിലോ എവിടെയും ഈശ്വരനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടേ ഈശ്വരൻ വിശ്വസിക്കേണ്ട ഒരു സാധനമല്ല ഒരു വസ്തുവല്ല വിശ്വസിക്കാന്ന് വെച്ചാൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പില്ലാത്ത കാര്യത്തിനെയാണ് വിശ്വസിക്ക അല്ലെ എനിക്ക് അച്ഛൻ ഉണ്ട് അമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണോ സ്ത്രീയാണ് പുരുഷനാണ് എന്നൊക്കെ വിശ്വസിക്കണോ അപ്പൊ എന്താ ഉറപ്പില്ലാതെ നടത്തും വിശ്വസിക്കണു എന്ന് പറയുമ്പോ തന്നെ ഉറപ്പില്ലാതെ നടത്തം അല്ലെ ഇപ്പൊ ഈശ്വരൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണു എന്ന് വെച്ചാൽ തന്നെ ഉറപ്പില്ലാത്ത കാര്യമാണ് പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കണം എന്താന്ന് വെച്ചാൽ ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല ഈശ്വരൻ വിശ്വസിക്കേണ്ട ഒരു കാര്യമേ അല്ല നമുക്ക് അമ്മയുണ്ട് അമ്മയുടെ അടുത്ത് നമുക്കുള്ള ബന്ധം എന്താ പ്രിയം അച്ഛനുണ്ട് അച്ഛനോടുള്ള ബന്ധം എന്താ പ്രിയം ഭാര്യയുണ്ട് ഭാര്യയോടുള്ള ബന്ധം എന്താ പ്രിയം ഭർത്താവുണ്ട് ഭർത്താവിനോടുള്ള ബന്ധം പ്രിയം അപ്പൊ നമുക്ക് വളരെ അടുത്ത ആളോട് ഏർപ്പെടുന്ന ഒരു ബന്ധം പ്രിയമാണ് അതേപോലെ ഭഗവാൻ വളരെ അകന്ന ഒരാളല്ലോ ഇനി അകല അടുക്കാൻ പറ്റാത്ത വിധത്തിൽ അടുത്തിരിക്കുന്നവനാണ് സമീപേ ഭാഗവതത്തിൽ ഒരു കുലട പറഞ്ഞു ഏകാദശ സ്കന്ധത്തില് സ്വന്തം സമീപേ രമണം രതിപ്രദം ഇനി സമീപത്തിലേക്ക് വരാൻ വയ്യ അത്രയധികം അടുത്തിരിക്കണെന്നാണ് ഏറ്റവും അടുത്തിരിക്കുന്നു ഇനി അടുക്കാൻ വയ്യാത്ത വിധത്തിൽ അടുത്തവനും ആനന്ദത്തിനെ തരുന്നവനും സദാ രക്ഷിച്ചുകൊണ്ട് പ്രേമമേ സ്വരൂപമായിട്ടുള്ളവനുമാണ് ഭഗവാൻ അപ്പൊ ഭഗവാനെ ഇനി എവിടെ പോയി തരയും എവിടെ പോയി അന്വേഷിക്കും അന്വേഷിക്കുന്നവനിൽ കുടികൊണ്ടുകൊണ്ട് അവന്റെ അന്തരാത്മാവായി അന്തസ്സത്തയായിട്ടുള്ള വസ്തുവിനെ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമുക്കൊക്കെ ഭഗവാൻ സിദ്ധമാണ് ഭഗവാനെ നേടിയെടുക്കേണ്ട ഒരു വസ്തുവേ അല്ല ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ വസ്തു എന്ന് പേര് ഈശ്വരനെ വസ്തു എന്നൊക്കെ പറയാവോ ജഡവസ്തു ജഡസാധനങ്ങളെ വസ്തു എന്ന് നമ്മൾ പറയും വസ്തു എന്നുള്ള അർത്ഥം ഉള്ള വസ് അർത്ഥം ഏത് ഉള്ളതോ അതിനെ വസ്തു എന്ന് പറയും ഏത് ഇല്ലാത്തതോ അത് അവസ്തു അതുകൊണ്ട് വാസ്തവാണോ നമ്മൾ ചോദിക്കും അല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യം കേട്ടാൽ വാസ്തവമാണോ എന്നാണ് വാസ്തവമാണോ എന്ന് വെച്ചാൽ വസ്തുവിന്റെ സ്വഭാവമാണോന്നാണ് അർത്ഥം ഉള്ളതാണോ എന്നാണ് അപ്പൊ വാസ്തവമായിട്ടുള്ളത് വസ്തു വസ്തു ആരാണ് ഭഗവാൻ വാസ്തവമത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം ഭഗവാനെ വസ്തു എന്നാണ് വേദാന്തികൾ വിളിക്കണത് ഭാഗവതകാരൻ ഭക്തന്മാരും വിളിക്കണം ജ്ഞാനികളെ അടുത്ത് കണ്ടവർക്കും പലർക്കും തോന്നിയിട്ടുള്ളത് ഇവരൊരു മനുഷ്യനാണെന്നോ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ അല്ല ഇത് ഒരു വസ്തു ഒരാശ്ചര്യമായ വസ്തു അപ്പോ ഒരു ഭക്തന് ദാരിദ്ര്യം ഏർപ്പെട്ടു പണമൊക്കെ നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം പറഞ്ഞു എനിക്കെല്ലാം പോയിക്കോട്ടെ എനിക്കൊന്നും നഷ്ടമാവാകാനില്ല അസ്ഥിമേ ഹസ്തി വസ്തു പൈതാമഹം ധനം അസ്ഥിശൈലം അവിടെ ഉള്ള ഭഗവാൻ അവരുടെ കുലദൈവ മാത്രേ സ്വാമി ദേശികൻ എന്ന് പറയുന്ന വൈഷ്ണവഭക്തൻ അദ്ദേഹം പാടിയ ഒരു ശ്ലോകമാണ് എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് നഷ്ടപ്പെട്ടു പോവാൻ സാധിക്കാത്തൊരു വസ്തു ഉണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അതെന്താന്ന് വെച്ചാൽ അസ്ഥിമേ ഹസ്തി വസ്തു പൈതാമഹം ധനം പിതൃപൈതാമഹമായിട്ട് എത്രയോ അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശൻ മുത്തശ്ശനായി ഞങ്ങളുടെ പരമ്പരയിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ഭഗവത് രൂപം അതെനിക്ക് നഷ്ടപ്പെട്ടു പോവില്ല ഭഗവാനെ നഷ്ടപ്പെടുത്തി കളയാൻ നമുക്ക് ആർക്കും കഴിവില്ല കാരണം എന്താ നമ്മളുടെ സ്വരൂപമാണ് ഭഗവാൻ സ്വരൂപത്തിനെ എങ്ങനെ നഷ്ടപ്പെടുത്തും നേരെ മറിച്ച് ഭഗവാൻ ഒഴിച്ചുള്ള എന്ത് വസ്തുവും നിങ്ങൾ എത്ര സൂക്ഷിച്ചു വെച്ചാലും നഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ ശരീരം അടക്കം ബാക്കിയൊക്കെ പോട്ടെ വീട് ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് ഒന്നും പറയാനില്ല സ്വന്തം ശരീരം പോലും എത്ര രക്ഷിച്ചാലും എത്ര സൂക്ഷിച്ചാലും നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെടാത്ത ഒരേ വസ്തുവേ ഉള്ളൂ ഭഗവാൻ അതായത് ഞാൻ ഉണ്ട് എന്ന് നമ്മളുടെ ഉള്ളില് ഉള്ള അവബോധം ഉണർവ് അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യമല്ല ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെടാത്തത് അസ്ത്വം ഈശ്വരത്വം ഈശ്വരൻ ആരാ ആത്മാവാണ് ഈശ്വരൻ ഈശ്വരൻ തന്നെ ഗീതയില് വിഭൂതിയോഗം പറയുമ്പോ പത്താം അധ്യായത്തില് ഓരോരുത്തരുടെ ഹൃദയസ്ഥാനത്തിലും സത്തയായിട്ട് അന്തരാത്മാവായിട്ട് ജാഗ്രത സ്വപ്നം സുഷുപ്തി മുതലായ അവസ്ഥകളെയൊക്കെ കണ്ടുകൊണ്ട് വർത്തിക്കുന്ന സാക്ഷിയാണ് ഞാൻ എന്ന് ഈശ്വരവചനം പ്രമാണം നമുക്ക് ഗീതയിൽ അപ്പോ ആ വസ്തുവിനെ നമുക്കൊക്കെ അന്തരാത്മാവായിട്ടുള്ള ബോധത്തിനെ പ്രജ്ഞയെ നമ്മൾ വിചാരിച്ചാ പോലും നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യമല്ല നമുക്കത് സിദ്ധമായ വസ്തുവാണ് സിദ്ധമാണ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ അസുര കുട്ടികൾക്കൊക്കെ പറയുന്നു അച്യുതനെ നേടിയെടുക്കാൻ യാതൊരു വിഷമമില്ല എന്നാണ് കാരണം അച്യുതൻ കിട്ടിയിട്ടുള്ള വസ്തുവാണ്ഹി അച്യുതം പ്രീണയതോ ബഹുആയാസോ അസുരാത്മജാഹ ആത്മത്വാ സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവത ആത്മാവായിട്ടുള്ളത് ഇപ്പൊ തന്നെ സിദ്ധമായിട്ടുള്ളത് ഇനി അച്യുതനെ നേടിയെടുക്കാൻ ഒരുപാട് മെനക്കെടൊന്നും വേണ്ട സകല മെനക്കേട് നിർത്തി ചുമ്മാ കിട്ടും ചുമരിക്കൽ അഹങ്കാരം അടങ്ങിയാൽ കിട്ടും കർത്തൃത്വം ഭോക്തൃത്വ രൂപമായിട്ടുള്ള ഈ ചലനം അടങ്ങിയാൽ സ്വസ്വരൂപം പ്രകാശിക്കും ആ സ്വസ്വരൂപം തന്നെ വാസുദേവ സ്വരൂപം കൃഷ്ണസ്വരൂപം അത് തന്നെ സംഗമേശ്വര സ്വരൂപം നമ്മളുടെ അന്തരാത്മാവായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം നിത്യാനുഭൂതിയെ സ്വരൂപം ഭഗവാന് നമുക്ക് എപ്പോഴും അനുഭവത്തിലുള്ള വസ്തുവാണ് ആത്മാ അപ്പോ ആത്മാവിനെ അറിയണം ആത്മാവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കണ്ടെത്തിയിട്ടില്ലെങ്കിലോ പൂർണമായിട്ടുള്ള ശാന്തി ഉണ്ടാവില്ല ഞാത്വാ ശാന്തി റിച്ചത്തി അതാണ് അഞ്ചാം അധ്യായത്തെ അവസാനം നമ്മളിപ്പോ ആറാം അധ്യായത്തിലേക്ക് കടക്കാൻ പോവുകയാണെ ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആറ് അധ്യായം കർമ്മപ്രധാനം പിന്നീടുള്ള ആറ് അധ്യായം ഭക്തിപ്രധാനം പിന്നീടുള്ള ആറ് അധ്യായം ജ്ഞാനപ്രധാനം എന്ന് തിരിച്ചിട്ടുണ്ട് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ തത്പദത്തിന്റെ അനുസന്ധാനമാണ് ആദ്യത്തെ ആറ് അധ്യായം ത്വം പദത്തിന്റെ അനുസന്ധാനമാണ് രണ്ടാമത്തെ ആറ് അധ്യായം അസി എന്ന സംയോജന അനുസന്ധാനമാണ് പിന്നീടുള്ള ആറ് അധ്യായം എന്നും ഒരു വ്യാഖ്യാനമുണ്ട് ഏതായാലും പല ഇത് പറയുന്നുണ്ട് ഇപ്പോ നമുക്ക് ആറാമത്തെ അധ്യായം അതിന് കടക്കുന്നതിന് മുമ്പ് ഒരു സൂചന ഭഗവാൻ തന്നു ഞാത്വാ മാം ശാന്തി നിങ്ങൾക്ക് ശാന്തി വേണോ എന്നെ അറിഞ്ഞാൽ ശാന്തി കിട്ടും മാം ഞാത്വാ ശാന്തി മെറിച്ചതി മാം ഞാത്വ എന്ന് വെച്ചാൽ ഭഗവാനെ അറിഞ്ഞാൽ ശാന്തി ഭഗവാനെ കണ്ടെത്തിയാൽ ശാന്തി ഭഗവാനെ എവിടെ കണ്ടെത്തും കുരുക്ഷേത്ര ഭൂമിയിലാണെങ്കിൽ നമുക്കിപ്പോ ഒന്നും കണ്ടെത്താൻ പറ്റില്ല വൈകുണ്ഠത്തിലാണെങ്കിൽ പോവാനുള്ള വഴിയൊന്നും ഇപ്പൊ നമുക്ക് പിടിയില്ല കൈലാസത്തിലാണെങ്കിൽ പലരും പോയിട്ട് വരണു മെനക്കെട്ട് അവിടെ പോയിട്ട് ശിവനെ ഒന്നും കണ്ടതായിട്ട് ആരും പറയണില്ല എവിടെന്ന് കാണും എവിടെ ചെന്ന് ഈശ്വരനെ കാണും ഈശ്വരനെ എവിടെ അന്വേഷിക്കും ഈശ്വരനെ കണ്ടെത്തിയാൽ ശാന്തി ഈശ്വരനെ അറിഞ്ഞാൽ ശാന്തി മൃച്ചതി നമുക്ക് വേണ്ടത് ശാന്തിയാണ് അതും കൂടെ ഒന്ന് നിരൂപിക്കാം ബാക്കി ഒരു വികാരവും നമുക്ക് നിലച്ചു നിക്കല ബാക്കി എന്തൊക്കെ വികാരങ്ങൾ നമുക്ക് ം എന്ന് വെച്ചന്നെ പോയി പോകുന്നത് എന്നർത്ഥം ഒരു വികാരത്തിനെയും നമ്മൾ ജയിക്കാനായിട്ട് മെനക്കെടേണ്ട ആവശ്യം ബുദ്ധിപൂർവ്വം പലരും ചോദിക്കും ദേഷ്യത്തിനെ എങ്ങനെ ഇല്ലാതാക്കാം ദേഷ്യത്തിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കേണ്ട മെനക്കെടൊന്നും അത് സ്വയം ഇല്ലാതായിക്കോടും എനിക്ക് ഇന്നലെ ദേഷ്യം വന്നു പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞുണ്ടാവില്ല അത് വികാരമാണ് വികാരം എന്ന് വെച്ചാൽ തന്നെ വന്നിട്ട് പോണത്തർത്ഥം യാതൊന്നും നിലച്ചു നിക്കില്ല അതേപോലെ തന്നെ സന്തോഷം സന്തോഷം ഇപ്പൊ സന്തോഷം വരണു കുറച്ചു കഴിഞ്ഞാൽ അത് പോയി പോകും വികാരങ്ങളൊന്നും തന്നെ നിലച്ചു നിക്കില്ല എത്ര സന്തോഷിച്ചാലും അതെ കുറച്ചു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടാവും ചിലര് പെട്ടെന്ന് സന്തോഷിക്കും പെട്ടെന്ന് കരയും ഒരു ക്ഷണനേരം എവറസ്റ്റിന്റെ മുകളിൽ കയറും പിന്നീട് സമുദ്രത്തിന്റെ അടിയിലായിരിക്കും കാരണം അത് വരുന്ന വികാരങ്ങളൊക്കെ പോയി പോകും ഏതേ ഭഗവാൻ പറയുന്നു ആഗമാനോ അനിത്യാഹ വന്നും പോയും ഇതൊക്കെ ഒന്നും നിലച്ചു നിൽക്കില്ല ഇതറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനോടുള്ള ശണ്ടകൂടലൊക്കെ നിർത്താം മനസ്സ് തന്നെ വാസ്തവമല്ല മനസ്സെന്ന് വെച്ചാൽ അനുസ്യൂതം മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് നിലച്ചു നിക്കലേ അതിന്റെ സ്വഭാവമല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വികാരത്തിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ശാശ്വതമായി സന്തോഷ സാധ്യമല്ല ചിലപ്പോൾ നമുക്ക് ഭക്തിഭാവം വരും വികാരഭക്തി വികാരഭക്തിയാണെങ്കിലും ആ ഭക്തിഭാവം വളരെ ഉദാരമായിട്ടുള്ളതാണ് ഉദാരമായിട്ടുള്ളതാണെങ്കിൽ പോലും ആ ഭക്തിഭാവവും വന്നിട്ട് പോകുന്നു ഭാവഭക്തി വികാര ഭക്തി ചിലപ്പോ ചില മൂർച്ഛിച്ചു വീഴും നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ മൂർച്ഛിച്ചു വീണുകഴിഞ്ഞാൽ കുറച്ചുനേരം കഴിയുമ്പോൾ അത് അതിന്റെ പാട്ടിൽ പോകുന്നു പല ഭക്തന്മാരും പറയും എനിക്കിപ്പോ ഭക്തിയേ ഇല്ല ഒരു കാലത്ത് നല്ല ഭക്തി ഉണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ പോയി ശൂന്യത തോന്നുന്നു കാരണം എന്താ അത് വികാരം വന്നിട്ട് പോയി അതുമാത്രമല്ല ഒരു വികാരവും ഒരു സമയത്തിലധികം നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഞരമ്പുകളും നാടികളും ഒക്കെ തളരുകയും ചെയ്യും നിർത്തികൊണ്ടിരിക്കാനും വയ്യ സ്നേഹമാണെങ്കിലും അതെ ചിലരൊക്കെ ഒരാൾ കൊറേ വർഷം ലോട്ടറി എടുത്തും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അയാൾ നൂറുറുപയ്ക്ക് ലോട്ടറി വാങ്ങിയാൽ ചിലപ്പോ ഒരു പതിനഞ്ച് ഇരുപത് ഉറുപ്പൊക്കെ അടിക്കും ഇങ്ങനെ നഷ്ടക്കച്ചവടമാണ് ഇയാള് കിട്ടുവോ കിട്ടുവോ കിട്ടുവോ ഇങ്ങനെ നടന്ന് ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം അയാൾക്ക് പതിനഞ്ച് ലക്ഷോ റുപ്യോ മറ്റോ ലോട്ടറി അടിച്ചു ഈ വർത്തമാനം പേപ്പറിൽ കണ്ടതും ഹാർട്ട് അറ്റാക്കിൽ വീണു മരിച്ചു പേപ്പറിൽ വായിച്ചതും ആള് ഹാർട്ട് അറ്റാക്കിൽ വീണു മരിച്ചു എന്താ സന്തോഷം ആളെ അവസാനിപ്പിച്ചു എന്നർത്ഥം അപ്പോ വികാരങ്ങളൊന്നും നിൽക്കില്ല യാതൊന്നും നമ്മളെ നിരന്തരമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനും വയ്യ ചിലപ്പോ ആപത്തുണ്ടാവും അപ്പോ നേരെ മറിച്ച് ശാന്തി ശാന്തി നമ്മളുടെ സ്വരൂപമാണ് ശാന്തി ഒരു വികാരമല്ല നമുക്ക് വികാരമല്ലാത്തൊരു അനുഭവം ഉണ്ടെങ്കിൽ ശാന്തി മാത്രമാണ് ശാന്തി ഒരു വികാരമല്ല ശാന്തിയിൽ എത്ര നേരം ഇരുന്നാലും നമുക്കതിൽ ഒരു പരിശ്രമത്തിന് അംശമില്ല അത് ഞരമ്പുകളെയോ നാടികളെയോ ഒന്നും ബാധിക്കില്ല നമ്മൾ തളർന്നു പോകില്ല അതിന് യാതൊരു വിഷമമില്ല നല്ല വെള്ളത്തിൽ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോ കയ്യും കാലം അടിക്കാതെ കിടക്കുന്ന പോലെയാണ് ശാന്തി നമുക്ക് സഹജമാണ് യാതൊരു വിധത്തിലും പരിശ്രമിച്ചാൽ ചിലപ്പോൾ നഷ്ടപ്പെടുത്തി ശാന്തിയില് മാത്രമാണ് അത് സഹജമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിതി അത് നമ്മുടെ സ്വരൂപമാണ് നമ്മൾ പുറത്തുനിന്ന് നേടിയെടുക്കണതല്ല പുറത്തുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ഇല്ലാതായാൽ ഉള്ളില് നമുക്ക് സഹജമായിട്ടുള്ളത് നമ്മളുടെ അനുഭവമണ്ഡലത്തിലേക്ക് തെളിഞ്ഞു വരണു അതാണ് ശാന്തി ആ ശാന്തി നമുക്ക് ദൃഷ്ടി അന്തർമുഖമായാൽ നമ്മളുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടും മാം ഇപ്പൊ ഭഗവാൻ ഇവിടെ ഞാത്വാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൃഷ്ടി അന്തർമുഖമായാൽ അതാണ് ഭഗവാനെ അറിയത് പുറമേക്കുള്ള ദൃഷ്ടി അകമേക്ക് തിരിയുന്നു അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖ സുദുർലഭാം ദൃഷ്ടി അന്തർമുഖമായാൽ അന്തർമുഖമായ ദൃഷ്ടിക്ക് നമ്മളുടെ ഉള്ളിലുള്ള ട്രഷർ നിധി ഒരു മഹാനിധി അത് നമ്മൾ തന്നെ കണ്ടെത്തും മഹാഭൂതോ മഹാനിധി വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാനൊരു പേരാണ് നിധി മഹാനിധി എന്ന് ആ മഹാനിധിയെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തും ശാന്തിയായിട്ട് ശാന്തിയെ സ്വരൂപമായിട്ട് ആ ശാന്തി കണ്ടെത്തണമെങ്കിൽ എന്തു വേണം നമ്മൾ ഉടനെ ചോദിക്കും അല്ലെ എങ്ങനെ കണ്ടെത്തും ആ ശാന്തിയെ എങ്ങനെ അന്തർമുഖമാവും ദൃഷ്ടി അതിനെന്താ വഴി അതിന് ഭഗവാൻ പറഞ്ഞു ധ്യാനം ചെയ്യണം എന്നാണ് ധ്യാനവും അഞ്ചാമത്തെ അധ്യായത്തിൽ തന്നെ തുടങ്ങി വെച്ചു ഭഗവാൻ ധ്യാനിക്കാനൊക്കെ നമുക്കൊരു വഴി പറഞ്ഞു വന്നുശാൻ ബഹിർബാഹ്യാൻ ചുശ്ചൈവാതേ ഭ്രുവോ പ്രാണാപാന മനോബുദ്ധി ോക്ഷോഹും കഴിഞ്ഞ അധ്യായത്തിലെ ശ്ലോകമാണ് ധ്യാനത്തിന് ഒരു പൂർവപീഠികം ധ്യാനം വേണം നമുക്കിപ്പോ ധ്യാനം ധാരാളം ഉണ്ടല്ലേ എല്ലായിടത്തും മെഡിറ്റേഷൻ ക്ലാസ് ആളുകൾക്ക് അതിലൊരു ഫാസിനേഷനുണ്ട് അതിലൊരു ആകർഷണമുണ്ട് പലർക്കും എന്റെ ഒരു കൂട്ടുകാരൻ അമേരിക്കയിൽ നിന്നും ഒരു മാഗസിൻ വരുത്തുന്നു ഒരു മാസിക അതില് ധ്യാനിക്കാനുള്ള സീറ്റ് മെഡിറ്റേഷൻ സീറ്റ് ഇപ്പൊ ഇതുപോലെ ഏകദേശം ഒരു സീറ്റ് അവര് എത്രയോ ഡോളർ അതിന് വിലയാണ് ഒരു ഡോളർന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നാപ്പത്തഞ്ചോ നാ അമ്പതോ രൂപ വരും അത് എത്രയോ ഡോളർ കൊടുത്ത് ആ മെഡിറ്റേഷൻ സീറ്റ് അതിലൊരാളിരുന്ന് ധ്യാനിക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിണ്ടായിരുന്നു ഇത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ എന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സീറ്റൊക്കെ നിങ്ങൾ വാങ്ങിക്കും കാരണം നിങ്ങളുടെ അടുത്ത് പണമുണ്ട് പക്ഷെ ധ്യാനിക്കുന്നത് സീറ്റ് വാങ്ങിക്കണ പോലെ എളുപ്പമല്ല പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല ഏ എന്നാലും ഞാൻ വാങ്ങിക്കാൻ പോവാണ് തോന്നുന്നു വാങ്ങിച്ചു ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞത് കാര്യം ശരിയാ സീറ്റ് എളുപ്പത്തിൽ വാങ്ങിച്ചു പക്ഷെ ഇരുന്നാൽ ധ്യാനം ഒന്നും പറ്റണില്ല ഉറക്കം വരണുണ്ടാവും അപ്പോ ധ്യാനം ധാരാളം മെഡിറ്റേഷൻ ക്ലാസ് മെഡിറ്റേഷനെ കുറിച്ചുള്ള പുസ്തകങ്ങള് ഇവിടെ ഭഗവാന് ഒരു സൂചന തന്നു എങ്ങനെ ധ്യാനിക്കണം എന്ന് ഇന്ദ്രിയങ്ങളെയൊക്കെ പുറം വിഷയങ്ങളിലെ പുറം വിഷയങ്ങളെ അകത്തേക്ക് വിടാതെ ബഹിർബാഹ്യാൻ പുറത്തുള്ളവരെയൊക്കെ പുറത്തുനിർത്തുക എന്നാണ് എന്നുവെച്ചാൽ അകമേക്ക് എന്നർത്ഥം വള്ളം വെള്ളത്തില് കിടക്കട്ടെ വെള്ളം വള്ളത്തില് കയറരുത് വെള്ളം വള്ളത്തില് കയറിയാൽ വള്ളം മുങ്ങും അപ്പോ വിഷയങ്ങളൊക്കെ ലോകത്തിലിരുന്നോട്ടെ വിഷയങ്ങൾ ഉള്ളില് കയറരുത് ബഹിർ ബാഹ്യാന് ബാഹ്യ വിഷയങ്ങളെ ബാഹ്യ ലോകത്തിൽ നിർത്തിയിട്ട് ചക്ഷുശ്ചൈവാതരെ ഭ്രുവോഹോ നമ്മളുടെ മനസ്സിനെ രണ്ട് കണ്ണുകളുടെയും മധ്യത്തിൽ ഭ്രൂമധ്യത്തിൽ എന്ന പോലെ നിർത്തിയിട്ട് പ്രാണാപാനവും സമൂഹൃത്വം പോകുന്ന പ്രാണൻ പുറമേക്ക് വരുന്നത് അപാനം ഇതിനെ സമമാക്കിട്ട് യഥേന്ദ്രിയ മനോബുദ്ധി മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങള് ഇതിനെയൊക്കെ അടക്കിക്കൊണ്ട് നിയന്ത്രണം ചെയ്തുകൊണ്ട് മോക്ഷപരായണ പരമാത്മ സത്യത്തിനെ കണ്ടെത്തിയേ അടങ്ങൂ എന്നുള്ള വ്രതത്തോടു കൂടെ ഉം അതാണ് ഏറ്റവും മുഖ്യം ഉം മോക്ഷപരായണ നമ്മള് പരായണൻ എന്നുവച്ചാൽ പാരം നമ്മൾ പാരായണം ചെയ്യും അല്ലേ ഗീതാപാരായണം പാരായണം എന്ന് വെച്ചാൽ എന്താ പാരത്തിലേക്കുള്ള അയനമാണ് പാരായണം യഥാർത്ഥത്തിൽ സംസാര സമുദ്രത്തിന്റെ മറുകരയ്ക്കുള്ള മാർഗമാണ് യഥാർത്ഥ പാരായണം നിരന്തരം പാരായണം ചെയ്യുന്നവൻ പാരായണനാണ് അതായത് നമ്മൾക്ക് പരമസത്യം കണ്ടെത്തി നമ്മളുടെ സകല പ്രശ്നങ്ങളും ഒടുങ്ങിയ ഒരു സ്ഥിതി ആ സ്ഥിതിയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം എന്ന് വെച്ചപ്പോ നമുക്ക് അറിയില്ല അറിയായ്മയിൽ നിന്ന് തുടങ്ങാം മോക്ഷം എന്ന് ഒരു ഇമാജിനേഷനും വേണ്ട ചെയ്യരുത് മോക്ഷം എന്നുള്ള മോക്ഷം എന്താ എന്ന് വെച്ചാൽ അറിയില്ല മോക്ഷം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പരിപൂർണമായ സ്വാതന്ത്ര്യം അത് നമുക്ക് സാധ്യമാണോ അതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഈ ലോക എന്റെ ദൈനംദിന ജീവിതത്തിൽ നിത്യജീവിതത്തില് എനിക്ക് യാതൊരു താപവും ദുഃഖവും ഇല്ലാത്തൊരു സ്ഥിതി സാധ്യമാണോ എന്തൊക്കെ ദുഃഖമാ എനിക്ക് മുഖ്യമായ ദുഃഖങ്ങള് ശരീരത്തിന് വരുന്ന ദുഃഖങ്ങളുണ്ട് ജരാ വ്യാധി മരണം മനസ്സിനു വരുന്ന ദുഃഖങ്ങളുണ്ട് കാമം ക്രോധം രാഗം ദ്വേഷം ലോഭം മോഹം മതം മാത്സര്യം ഒക്കെ മനസ്സ് ചുരുക്കി ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സ് എനിക്ക് പിടിതരാത്ത സ്ഥിതി ഇത് ആന്തരികമായ ദുഃഖം ശരീരത്തിന്റെ ദുഃഖം പുറമേക്കാം പിന്നെ ലോകത്തിൽ നിന്നും വരുന്ന പല കുഴപ്പങ്ങളും ഇതിനൊക്കെ പരിഹാരമുണ്ടോ ആത്യന്തികമായ പരിഹാരം എനിക്കിവിടെ സുഖമായിട്ടിരിക്കണം പൂർണ്ണ തൃപ്തിയോടെ ഇരിക്കണം ആ തൃപ്തി സ്ഥിതിയെ ഞാൻ മോക്ഷം എന്ന് വിളിക്കണം ശാശ്വതമായ സ്ഥിതി അഴിവില്ലാത്ത നാശമില്ലാത്ത സ്ഥിതി അവ്യയമായ സ്ഥിതി അത്തരത്തിലൊരു സ്ഥിതി സാധ്യമാണോ ബുദ്ധനും മറ്റുമൊക്കെ ചോദിച്ചത് ഇതാണ് സിദ്ധാർത്ഥന് രാജാവ് എല്ലാ സുഖസാമഗ്രികളും കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ ജാതകത്തിലുണ്ടായിരുന്നു അത്രേ ബുദ്ധന് സന്യാസിയാവാനുള്ള യോഗം അപ്പൊ രാജാവ് ഇതേ മകൻ സന്യാസി ആവരുത് എന്ന് നിശ്ചയിച്ച് മൂന്ന് കൊട്ടാരം പണി കഴിപ്പിച്ചു എന്നാണ് ഒന്ന് വേനൽക്കാലത്തേക്ക് ഒന്ന് മഴക്കാലത്തേക്ക് ഒന്ന് തണുപ്പ് കാലത്തേക്ക് ഇങ്ങനെ മൂന്ന് കൊട്ടാരങ്ങൾ പണി കഴിപ്പിച്ച് അതിലെല്ലാ സുഖസാമഗ്രികളും കൊടുത്ത് താമസിപ്പിച്ചു സിദ്ധാർത്ഥ രാജകുമാറിനെ എപ്പോഴോ ഒരു ദിവസം പുറമേക്ക് അങ്ങനെ നാട് കാണാൻ ഇറങ്ങി അപ്പോ രഥം ഓടിക്കുന്ന രഥം ഓടിക്കുന്ന ആള് വഴിയിലൊക്കെ പറഞ്ഞു കൊണ്ടുപോയി പോകുമ്പോ ആദ്യം കണ്ടു തലയൊക്കെ നരച്ച് ശരീരം കൂനി പോയി അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹിനം ജാതം തുണ്ടം വൃദ്ധോയാദണ്ഡം വൃദ്ധനായി വടിയും കുത്തി നടക്കണ ഒരാളെ കണ്ടു ഇങ്ങനെ ഒരു രൂപമേ കണ്ടിട്ടില്ല കൊട്ടാരത്തിലെ രാജാവിന്റെ ഓർഡർ ആയിരുന്നു വാർദ്ധക്യം വന്ന ആളൊന്നും രാജകുമാരന്റെ മുമ്പിൽ ചെല്ലരുത് ഈ വൃദ്ധനെ കണ്ട ഉടനെ സിദ്ധാർത്ഥൻ ചോദിച്ചു ഇതെന്താ ഈ വികൃതമായ മനുഷ്യൻ അപ്പോ ആ തേരോട്ടി ആ തേരോട്ടി പറഞ്ഞു കൊടുത്തു അയാളെങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ബുദ്ധഗ്രന്ഥങ്ങൾ ബൗദ്ധഗ്രന്ഥങ്ങൾ പറയണത് ദേവന്മാരും ചില സിദ്ധന്മാരും ഒക്കെ കൂടെ ഈ തേരോട്ടിയുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു ഈ ബുദ്ധനെ സത്യം അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ ധൈര്യത്തോടെ പറയില്ല തേരൂട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു ഈ സാരഥി ഈ രാജകുമാരനോട് പറഞ്ഞു കുമാര ഈ വരുന്നത് ഒരു വൃദ്ധനാണോ വൃദ്ധൻ എന്ന് വെച്ചാ എന്താ അതുപോലും കണ്ടിട്ടില്ലേ വൃദ്ധൻ വെച്ചാ വൃദ്ധൻന്ന് വെച്ചാ വയസ്സായ ആള് അങ്ങനെ വെച്ചാലോ വയസ്സാവുക എന്ന് വെച്ചാൽ ആവും കുറച്ച് കഴിഞ്ഞാൽ വായിലുള്ള പല്ല് ഓരോന്നായിട്ട് വീഴും തലമുടി മുളച്ചു വന്നതൊക്കെ നരച്ചുപോകും കഷണ്ടിയാവും അംഗങ്ങൾക്കൊക്കെ ബലക്ഷയം ഉണ്ടാവും മരണത്തിനോട് അടുക്കുമ്പോ ഓരോന്നോരോന്നായി തളർന്നു പോവും അപ്പോ രാജകുമാരൻ ചോദിച്ചു ഇത് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ അല്ല എല്ലാര്ക്കും സംഭവിക്കും എനിക്കും സംഭവിക്കോ താങ്കൾക്കും സംഭവിക്കും അപ്പൊ കൊട്ടാരൻ വൈദ്യനെ വിളിച്ചിട്ട് ഉടനെ അതിനുവേണ്ട മരുന്ന് കഴിക്കണം സാരഥി പറഞ്ഞു മരുന്നൊന്നും കഴിച്ചിട്ടൊന്നും കാര്യമില്ല ഈ വ്യാധിക്ക് ഇതുവരെ ആരും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഈ ജരാ എന്ന് പറയുന്ന വ്യാധി എല്ലാരെയും പിടികൂടും അത് യമൻ അയക്കുന്ന ലോയർ നോട്ടീസ് ആണ് അദ്ദേഹം വിളിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് അയക്കുന്ന ഒരു മെസ്സേജ് ആണ് ആർക്കും ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല ആ സമൻസ് വരുമ്പോ ആദ്യം ഒരു മെസ്സേജ് ചെറിയ ചെറിയ ലെറ്റർ ആറുമാസത്തിനുള്ള അപ്പിയർ ആവണം എന്നൊക്കെ പറയില്ലേ അതുപോലെ കുറച്ച് വർഷങ്ങൾ തന്നിരിക്കണു ഇത് കണ്ട് മുന്നോട്ടു പോയി രാജകുമാരന് അപ്പതന്നെ തളർച്ചയായി തന്റെ സൗന്ദര്യം തന്റെ ശരീര ബലം തന്റെ യൗവനമൊക്കെ നഷ്ടപ്പെട്ടു പോകും കുറച്ചു കഴിഞ്ഞപ്പോ ശവം കൊണ്ടുവരണം ആരോ മരിച്ചിട്ട് ശവം കൊണ്ടുപോവാണ് രണ്ടാമത്തെ ദർശനം മൃത്യു ആദ്യം ചരാ പിന്നെ മൃത്യു ഇതെന്താ അത് ഇത് മരിച്ചുപോയി അങ്ങനെ വെച്ചാലോ മരിച്ചുപോവെന്ന് വെച്ചാലോ എല്ലാരും മരിക്കും ഒരു ദിവസം ഈ ശരീരം ജഡമാവും ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ളത് ഈ ശരീരത്തിന് ഉപേക്ഷിക്കും ഈ ജീവൻ ഈ ശരീരം കൊണ്ടുചെന്ന് കത്തിക്കും എല്ലാവർക്കും മരണമുണ്ടാവോ ഉണ്ടാവും എന്റെ ഭാര്യ മരിക്കോ യശോധര മരിക്കോ മരിക്കും എന്റെ അച്ഛൻ മരിക്കോ അദ്ദേഹം രാജാവല്ലേ അദ്ദേഹവും മരിക്കും എത്രയോ രാജാക്കന്മാരും മരിച്ചിരിക്കണു സകല പേര് എത്ര രാജാക്കന്മാരും മരിച്ചു ഭരിക്കുന്നു തന്റെ അച്ഛനും മരിക്കും സകല പേരും മരണമുണ്ട് രണ്ടാമത്തെ അടി ജരാ മൃത്യു കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ബുദ്ധൻ ചോദിച്ചു ഈ വാർദ്ധക്യം വരാൻ എനിക്ക് എത്ര വർഷമാവും അങ്ങക്കൊക്കെ ഇനിയിപ്പൊ ധാരാളം വർഷമുണ്ടോ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടേ വാർദ്ധക്യം വരള്ളൂ ഇപ്പോഴൊന്നും പേടിക്കണ്ട അപ്പൊ കുറച്ചൊരു ധൈര്യം ഉണ്ടായി കുറച്ചു ദൂരം ചെന്നപ്പോ ഒരു പത്ത് നാപ്പത് വയസ്സായ ആള് കുഷ്ഠം ബാധിച്ചിട്ടിരിക്കുന്നു അപ്പൊ ചോദിച്ചു ഇതെന്താ ഇദ്ദേഹത്തിന് എന്തു പറ്റി അദ്ദേഹത്തിന് വ്യാധിയാണ് എന്നുവെച്ചാലോ എന്നുവച്ചാൽ ശരീരത്തിന് വന്ന് കയറുന്ന സുഖക്കേട് അതും എനിക്ക് വരുവോ അത് താങ്കൾക്കും വരാം വരാൻ പാടില്ല എത്രയോ പേർക്ക് വന്നിട്ടുണ്ട് രാജാവായാലും വരാം അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ സെക്യൂരിറ്റി ഇല്ല ഈ ലോകത്തില് നോബഡി ഈസ് സെക്യൂർ ഇവിടെ ജരാണ്ട് വ്യാധി ഉണ്ട് മരണമുണ്ട് മൂന്നെണ്ണം ബുദ്ധൻ തന്നെ ഒരു രാജാവ് ചോദിച്ചു ബുദ്ധനോട് ബിബിസാരൻ പിന്നീട് ചോദിച്ചു അങ്ങെന്തിനാ ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ സന്യാസിയായിട്ട് നടക്കണതെന്ന് ചോദിച്ചപ്പോ ബുദ്ധൻ പറഞ്ഞു രാജാവേ അങ്ങ് സ്ഥലത്ത് നിൽക്കണു അങ്ങയുടെ ചുറ്റും മൂന്ന് മലകള് നാലു വശത്തുകൂടെയും നാല് മലകള് അങ്ങയുടെ അടുത്തേക്ക് ഓടി അടുക്കുകയാണെങ്കിൽ അങ്ങയുടെ ഭാവം എന്തായിരിക്കും അങ്ങയെ ഞെരിച്ചു കൊല്ലാനായിട്ട് അങ്ങയുടെ ഭാവം എന്തായിരിക്കും അതുപോലെ ഞാൻ എൻറെ ചുറ്റും നാലു മലകള് കണ്ടു ജന്മം മൃത്യു ജരാ വ്യാധി ഇത് ഭഗവാൻ എണ്ണപാത്രം കയ്യിൽ നിന്ന് വാങ്ങിച്ചു അവിടെ ഇരുത്തി സുഹാസനത്തിൽ ഇരുത്തി രണ്ടുപേര് വീശി കൊടുക്കണു യാതൊരു കുഴപ്പമില്ല ഇപ്പൊ ജനകൻ സുഖബ്രഹ്മ മഹർഷിയോട് പറഞ്ഞു അത്രേ അങ്ങ് പൂർണ്ണജ്ഞാനിയാണ് മനസ്സ് നല്ല വെണ്ണം അടഞ്ഞിരിക്കണം ജ്ഞാനമുണ്ടെങ്കിലേ മനസ്സടകുള്ളൂ അല്ലെങ്കിൽ മനസ്സിങ്ങനെ ചഞ്ചലമായിക്കൊണ്ടേ മനസ്സ് നല്ല വെണ്ണം ജ്ഞാനം ഉണ്ടെങ്കിലേ മനസ്സടകുള്ളൂ അല്ലെങ്കിൽ മനസ്സ് ഇങ്ങനെ ചഞ്ചലമായിക്കൊണ്ടേയിരിക്കും പ്രസംഗം ചെയ്യുന്നതൊക്കെ വളരെ എളുപ്പം ഒരു സന്ദർഭം വരുമ്പോഴാണ് അറിയ അല്ലെ ജ്ഞാനം നല്ലവണ്ണ് ഉറച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതുമാതിരിയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് പരീക്ഷിക്കപ്പെടുക നാല് നിന്നും ഇത് നമ്മളെ ഞെരിച്ച് കൊല്ലാനായിട്ട് വരുന്നു അപ്പൊ നമ്മളുടെ ഇവിടുത്തെ സുഖാനുഭവങ്ങളൊക്കെ തന്നെ ചറ്റുശ്രവ ഗളസ്ഥമാം ധർദുരം എന്താ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടിലെ എവിടെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാമ്പിന്റെ വായിലിരിക്കുന്ന ഒരു തവള പാമ്പൊന്ന് മിഴുങ്ങിയ ഉള്ളുപോകും പാമ്പിന്റെ വായിൽ കുടുങ്ങിയ തവള മുമ്പ് പോകുന്ന ഒരു പാറ്റയെ പിടിക്കണോ അത് പാമ്പിന്റെ വായിലാണ് പാമ്പൊന്നും മിഴുങ്ങിയ അകത്തേക്കാവും പക്ഷെ പാമ്പിന്റെ വായിലിരുന്നു കൊണ്ട് പാറ്റയെ പിടിക്കുന്ന പോലെ മരണത്തിന്റെ പിടിയില് മഹാവ്യാളം മരണമാവുന്ന പാമ്പിന്റെ പിടിയിലിരുന്നു കൊണ്ട് അല്പസ്വല്പം സുഖാനുഭവമേ ഈ ലോകത്തിലുള്ളൂ എല്ലാ അനുഭവങ്ങളും നശ്വരമാണ് ശാശ്വതമായിട്ടൊന്നും എല്ലാം സുഖം അനുഭവിച്ചാൽ അത് കഴിഞ്ഞാൽ ദുഃഖം സുഖിക്കണു നമ്മൾ വിചാരിക്കും കുറച്ചു കഴിഞ്ഞാൽ ദുഃഖം രാമകൃഷ്ണ പരമാംസർ പറയും ലോകത്തിലുള്ള സുഖമൊക്കെ ചോറി വന്നാല് വ്രണം വന്നാല് ചൊറിയാൻ നല്ല സുഖമായിരിക്കും പക്ഷെ ചൊറിയുംതോറും അത് കൂടുതൽ കൂടുതൽ പഴുത്തുവരും അതുപോലെയാണ് ഈ ലോകത്തിലുള്ള സുഖങ്ങളൊക്കെ ചൊറിയുന്ന സുഖം പോലെ കണ്ടൂതി വൻ മനസിജം വിഷഹേതധീര ഭാഗവതത്തില് പ്രഹ്ലാദനും പറയുന്നു ചൊറിച്ചലു പോലെ എന്നാണ് ചൊറിയന്തോറും അസുഖം കൂടി കൂടി വരുന്ന പോലെയാണ് ലോകത്തിലുള്ള സുഖാനുഭവങ്ങളൊക്കെ എന്നുവെച്ചാൽ അതിനെ നിന്ദിക്കലല്ല നിന്ദിക്കലല്ല ലോകത്തിലുള്ള സുഖത്തിനൊന്നും നിന്ദിക്കണില്ല പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് പരിചിഹ്നം ഈ പരിധിക്ക് അപ്പുറം എങ്ങനെ ചാടാൻ കഴിയും ഋഷികൾ ആരും ബുദ്ധൻ നിന്ദിച്ചു പക്ഷെ നമ്മളുടെ ഋഷികൾ ആരും ലോകസുഖത്തിനെയോ ലോകത്തിലുള്ള ജീവിതത്തിനെയോ നിന്ദിച്ചതേ ഇല്ല ബുദ്ധന് ഒരു വശം മാത്രം ബുദ്ധൻറെ ഉപദേശങ്ങൾ മുഴുവൻ സന്യാസികൾക്ക് മാത്രമുള്ളതാണ് പക്ഷെ ഗൃഹസ്ഥന്മാർക്കോ ഒന്നും കാര്യമായി സ്ഥാനമില്ല ബുദ്ധമതത്തിൽ നിരയെ മറിച്ച് നമുക്ക് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് ഒരു ഗൃഹസ്ഥൻ കേൾക്കുന്നതും ഗൃഹസ്ഥൻ ഗീതയടങ്ങുന്ന മഹാഭാരതം എഴുതിയ വ്യാസനവും ഒരു ഗൃഹസ്ഥനാണ് അപ്പൊ ഇവിടെ ഗൃഹസ്ഥൻ സന്യാസി എന്നുള്ള ഭേദം ഒന്നുമില്ല ജീവിതം അധ്യാത്മിക ജീവിതം എന്ന് രണ്ട് ജീവിതം ഇല്ല ലൗകിക ജീവിതം അധ്യാത്മ ജീവിതം എന്ന് രണ്ട് ജീവിതം ഇല്ല നമ്മളുടെ സനാതനധർമ്മത്തിൽ വൈദിക മതത്തില് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അത് അധ്യാത്മ ജീവിതമാണ് ജീവിതം തന്നെ അധ്യാത്മമാണ് ലൗകികം എന്നൊന്നില്ലത അല്പം പോലും ഇല്ല അവിടെ അധ്യാത്മ ജീവിതം നമ്മളുടെ എല്ലാ അനുഭവവും അധ്യാത്മികമാണ് നമ്മളുടെ സകല അനുഭവവും നമ്മളെ എല്ലാ അനുഭവം എന്ന് പറയണത് തന്നെ ആത്മാവിൽ സംഭവിക്കുന്ന ഒരു പ്രതീതിയാണ് ആത്മാവിലാണ് എല്ലാം ഏർപ്പെടുന്നത് നമുക്ക് പതുക്കെ പതുക്കെ കാണാം ആ ശുദ്ധ അനുഭവത്തിലേക്ക് വരാൻ ആദ്യം വൈരാഗ്യം വരണം വൈരാഗ്യത്തിനുള്ള വഴിയാണ് നമ്മളിവിടെ പറഞ്ഞത് ലോകത്തിൽ കാണുന്നത് മുഴുവൻ അശ്വരം എല്ലാം നശിച്ചു പോകുന്നു നമുക്കുണ്ട് നമ്മളുടെ മുമ്പിലും നമ്മൾ കാണുന്ന ജീവിതം എത്രയൊക്കെ നമ്മൾ മെനക്കെട്ട് കെട്ടിപ്പടുത്ത കെട്ടി പടുത്തുകൊണ്ട് വന്നാലും അവസാനം ചീട്ടുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരം പോലെ തകിടം പറയും ചുവട്ടിലേക്ക് വീഴും ഇത് നമ്മളുടെ മുമ്പിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ണടച്ചത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല ബുദ്ധൻ മുമ്പിൽ കണ്ടു എതി ജന്മ ജരാമരണം ഇഷ്ടവിയോഗി സർവമനിത്യമിതം കസ്യ ബുദ്ധൻ പിന്നീട് പറഞ്ഞു ഇവിടെ എനിക്ക് ഞാൻ സുഖമായിട്ട് ഇരിക്കണം എന്ന് ആശിക്കുന്നവനാണ് ബുദ്ധനോട് ആരോ ചോദിച്ചു അങ്ങ് എന്തിനാ ഈ സുഖ ജീവിതം ഉപേക്ഷിച്ചത് സുഖത്തിനെ വെറുക്കാവോ ബുദ്ധൻ പറഞ്ഞു ഞാൻ സുഖമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ സുഖമായി ജീവിക്കുമായിരുന്നു എങ്ങനെയാണെങ്കിൽ എന്നുവെച്ചാൽ എനിക്കിവിടെ ഇനിയും ജന്മം വാർദ്ധക്യം മരണം ഇതൊന്നും വരില്ലായിരുന്നുവെങ്കിൽ ജന്മ ജരാ മരണം ന ഭവേത് ഇതൊന്നും വരില്ലയായിരുന്നുവെങ്കിൽ പേടിക്കാതെ ജീവിക്കാം അതുമാത്രമല്ല അതിനേക്കാളും വിഷമമായ ഒരു ദുഃഖമുണ്ട് നമ്മളുടെ ജന്മം ജരാ മരണമൊന്നും നമ്മൾ അറിയില്ലല്ലോ കാര്യമായിട്ട് മറ്റു കണ്ണാടി നോക്കിയാലേ ജര പോലും അറിയുള്ളൂ അതും ചിലപ്പോ നമ്മൾ സ്വീകരിക്കും പക്ഷെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു വലിയ ദുഃഖമുണ്ട് ലോകത്തില് ഇഷ്ടവിയോഗ ഭയം ഇഷ്ടവിയോഗം പോലും അല്ല ഇഷ്ടവിയോഗ ഭയം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മളുടെ മുമ്പിൽ നിന്നും മരിച്ചു പോണതോ ഉപേക്ഷിച്ചു പോണതോ കാണേണ്ട ഒരു ഗതികേട് ഏറ്റവും അതും അങ്ങനെ പോകുമോ എന്നുള്ള പേടി ഇഷ്ടവിയോഗ ഭയം എന്നാണ് ഇഷ്ടവിയോഗം പോലും എനിക്ക് പ്രിയപ്പെട്ടവരെ എന്നെ വിട്ടുപോകുവോ എന്നൊരു ഉൾക്കിടലം ഒരു ഭയം എതി ഇഷ്ടവിയോഗ ഭയം ഭവേത് അതുകൊണ്ടാണ് സകല സംയോഗങ്ങളും ദുഃഖങ്ങളാണെന്ന് പറയണത് സംയോഗത്തിലൊക്കെ ദുഃഖമുണ്ട് കാരണം എന്താ വിയോഗം വരുവോന്നൊരു ഭയം വിയോഗം വരുമ്പോ കുറച്ചു കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ ലോകത്തിൽ ആരും ഇതുവരെ മരിച്ചു കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടും കരഞ്ഞുകൊണ്ടിരിക്കണവരൊന്നും ഇല്ല മരിച്ചു കഴിഞ്ഞാൽ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ മറക്കും പക്ഷെ ജീവിതം മുഴുവൻ ഇവര് മരിക്കോ മരിക്കോ എന്നുള്ള പേടി നമ്മളെ ഉപേക്ഷിച്ചു പോവുമോ വിട്ടുപിരിയോ എന്നുള്ള ഭയം ഇഷ്ടവിയോഗ ഭയം സർവമനിത്യമിതം ഭവയത് വലിയ വലിയ പണക്കാര് ചീഫ് മിനിസ്റ്റർമാരും പ്രൈം മിനിസ്റ്റർമാരും ഒക്കെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ സ്ഥാനം പോവോന്നുള്ള പേടി അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നഷ്ടമാവോ എന്നുള്ള ഭയം ഇഷ്ട ഇഷ്ടവിയോഗ ഭയം ഇങ്ങനെ ലോകത്തില് ശാശ്വതമായൊരു പദം നമുക്കില്ല ശാശ്വതമായ ഒരു സ്ഥാനം നമുക്കില്ല അപ്പൊ ശാന്തി എവിടുന്നു കിട്ടും അപ്പൊ ശാന്തി എവിടെ നിന്ന് കിട്ടും ഈ വസ്തുക്കളെ ഈ പറയുന്ന വസ്തുക്കളെ എന്തിനെ ആശ്രയിച്ചാലും ഇതിനൊക്കെ കൂടെ ഭഗവാൻ ഒരു പേര് വെച്ചു ഗീതയിൽ രണ്ടാം അധ്യായത്തിൽ അസത്ത് എന്ന് പേര് വെച്ചു സംസ്കാരമുള്ള ആളുകള് ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുകയാണെങ്കിൽ അത്രേ പറയുള്ളൂ എന്ന് പറയും അതിൽ കൂടുതലൊന്നും പറയില്ല അസത് എന്ന് വെച്ചാൽ ഇല്ലാത്തത് എന്നർത്ഥം ഉള്ള പോലെ തോന്നിയാലും വാസ്തവത്തിൽ ഇല്ലാത്തത് ഈ കാണുന്ന സകല പദാർത്ഥങ്ങൾ നമ്മളുടെ ശരീരം മനസ്സ് ബുദ്ധി ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ തൽക്കാലത്തേക്കുള്ള ഒരു അനുഭവ മാത്രം ഇതൊന്നും നമ്മളെ ശാശ്വതമായി സുഖിപ്പിക്കുകയില്ല ഇതിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാനും പറ്റില്ല ശരീരത്തിനെ ആശ്രയിച്ചു സുഖമായി ഇരിക്കാമെങ്കിൽ അത്രയും നല്ലൊരു ജീവിതം പക്ഷേ നമ്മളുടെ ആയുർവേദം അലോപ്പത്തി ഹോമിയോപ്പത്തി നാച്ചുറോപ്പതി ഇതൊക്കെ വെച്ചുകൊണ്ട് ജീവിച്ചാലും ഇതിന് വ്യാധി വരും എന്നെങ്കിലും ഒരു ദിവസം അത് നമ്മളെ പറ്റിക്കും ചതിക്കും ഉപേക്ഷിച്ചു പോകും നമ്മൾ കാണാത്ത ഒരു പരമാർത്ഥമാണത് നമ്മൾ അഥവാ കാണാൻ കൂട്ടാക്കാത്ത ഒരു പരമാർത്ഥം കാണാൻ കൂട്ടാക്കാത്ത പരമാർത്ഥം അപ്പൊ ഇതിനെ ആശ്രയിച്ചു നമുക്ക് എവിടെ ശാശ്വതമായ ഒരു സ്ഥിതി നോക്കണം നല്ലവണ്ണം നമ്മൾ അന്വേഷിച്ചാൽ വലിയ പ്രയോജനം ഉണ്ടാവും ആദ്യത്തെ അന്വേഷണ മണ്ഡലമാണ് ശരീരത്തിന് മണ്ഡലം അന്നം നമുക്ക് പറയുന്നത് ദേഹം എനിക്കും അതെ കൃഷ്ണനും അതെ വ്യാസനും അതെ ബുദ്ധനും അതെ വെച്ചുകൊണ്ട് നമുക്ക് തൃപ്തിയോടെ ജീവിക്കാമല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ ഗീതയൊക്കെ നമുക്ക് മാറ്റിവെക്കാം ഭഗവത്ഗീതയൊന്നും വേണ്ട ഉപനിഷത്ത് ഗീത വേദം അമ്പലങ്ങൾ ഒന്നും ആവശ്യമില്ലേ നമുക്ക് സുഖമായി തിന്നുക കുടിക്കുക ചാർവാകൻ എന്നൊരു ആചാര്യനുണ്ടായിരുന്നു അത്ര പണ്ടുകാലത്ത് അയാളുടെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ചാർവാകന്മാര് അയാള് പറയണത് ഈ വേദം വേദാന്തം എന്ന് പറയുന്ന ഈ പുളുവടിക്കണവരുടെ വാക്കുകളൊന്നും നിങ്ങൾ കേൾക്കണ്ട ഈ ലോകം കാണുന്നത് സത്യം നമ്മളുടെ ശരീരം സത്യം തിന്നുക കുടിക്ക കടം വാങ്ങിയിട്ടെങ്കിലും സുഖമായിട്ട് ഊണ് കഴിക്കുക ൃതം ബിബേജ് ജീവം സുഖം ജീവേത് എത്ര കാലം ജീവിക്കുന്നു അത്ര കാലം സുഖമായിട്ട് ജീവിക്ക നെയ്യ് കൂട്ടി ഊണ് കഴിക്കുക എന്നാണ് ഋണം കൃത്വ ഘൃതം ഉം ഇതിൽ കൂടുതലൊന്നും നമുക്ക് പരമാർത്ഥം അതുകൊണ്ട് അദ്ദേഹത്തിന് ചാർവാകന്ന് പേര് വാചം വാചയ മധുരമായി വാക്കു പറയണ ആണ് വാക്ക് കേട്ട ഇങ്ങനെയാണ് വേണ്ടത് തോന്നും ഇങ്ങനെയാണ് വേണ്ടത് തോന്നും ചാർവാകന്റെ മതം നമുക്ക് സമ്മതമാണ് അയാൾ പറയണ രീതിയിൽ നമുക്കിവിടെ ജീവിക്കാൻ ഒക്കുമെങ്കിൽ അതിനെക്കാൾ നല്ലതും എളുപ്പം വരെയൊന്നുമില്ല ചാർവാകന്റെ സമ്പ്രദായം ആർക്കിഷ്ടമല്ലാത്തത് എനിക്കും രാവിലെ എണീക്കുക കാപ്പി കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഊണ് കഴിക്കുക നോക്കുക അങ്ങനെ പോവുക ശരീരത്തിന്റെ മണ്ഡലത്തിൽ എത്ര സുഖമായിട്ട് ജീവിക്ക കഴിയുന്നത്ര സാധ്യമെങ്കിൽ ഒരു ജന്മം അങ്ങനെ പോട്ടെ വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കൊള്ളാം സംശയം ഉണ്ടെങ്കിൽ സംശയം ഒക്കെ തീർത്തിട്ടേ നമ്മൾ സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് പോവാൻ പറ്റുള്ളൂ ശരീരത്തിന് മണ്ഡലത്തിൽ പരീക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം കുറച്ചു ദിവസവും ഒക്കെ അങ്ങനെ പോകും കുറച്ചു കഴിയുമ്പോൾ ഇയാളെ സ്വഭാവം കാണിക്കും ഒന്നാമത് നമ്മൾ സുഖം എന്ന് കരുതിയ സാധനങ്ങളൊന്നും കുറച്ച് കഴിയുമ്പോൾ സുഖിപ്പിക്കില്ല മരുഭൂമിയിൽ വെള്ളം കാണുന്ന പോലെയാണ് ദൂരത്തുനിന്ന് വെള്ളം കാണും ഓടി ചെല്ലുമ്പോ അവിടെ വെള്ളം ഉണ്ടാവില്ല നമ്മൾ ഓടാൻ പുറപ്പെട്ട സ്ഥലത്തായിരിക്കും വെള്ളം ശരീരത്തിൽ സുഖം സുഖം എന്ന് വിചാരിക്കും കുറച്ച് കഴിയുമ്പോ ഭോഗേ രോഗ ഭോഗം ചെയ്യും രോഗം ഉണ്ടാവും വ്യാധികൾ മഹാവ്യാധികൾ അമേരിക്കയെ പോലെ സുഖമായൊരു രാഷ്ട്രമില്ല എല്ലാരും അങ്ങോട്ട് പോകണം എന്ന് ആഗ്രഹിക്ക പക്ഷെ പോലെ പേടിയുള്ളവരാരും ഇല്ല ലോകത്തില് ഇപ്പൊ ഊശാന്താടി വെച്ച ആളെ കണ്ട പേടിയാണ് അത്ര ഭയമാണ് ആനയ്ക്ക് ഉറുമ്പിനെ പേടിയാണ് തുമ്പി കൈ വായിലിട്ട് നിക്കുന്നു പറയണ പോലെ ഈ വലിയ രാഷ്ട്രത്തിന് എല്ലാ സുഖ സൗകര്യങ്ങളും എത്ര കണ്ട് സുഖ അത്ര കണ്ട് ഭയമാണ് എന്താന്ന് വെച്ചാൽ ഒരു ദിവസം കറണ്ട് പോയി എത്ര ന്യൂയോർക്ക് സിറ്റിയിൽ ഒരിത്ര ദിവസം നമുക്ക് എത്ര കാലം കറണ്ട് പോയിരിക്കണോ അല്ലെ മറ്റേ ദിവസം കറണ്ട് പോയപ്പോ എന്തോ കറണ്ട് ഫെയിലുവർ ആയപ്പോ ആളുകൾ വെപ്രാളമായി പലർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി സ്പെഷ്യൽ ക്യാമ്പ് ഉണ്ടാക്കി അവിടേക്ക് ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്ക ആശ്രയദോഷം കറണ്ടിനെ ആശ്രയിപ്പ മൈക്കിനെ ആശ്രയിച്ചാൽ നമുക്ക് ആശ്രയദോഷം കണ്ടില്ലേ കറണ്ടിനെ ആശ്രയിച്ചാൽ കുറച്ചു കാലം മുമ്പ് കറണ്ട് ഇല്ല ഇവിടെ അല്ലേ കറണ്ട് ഇല്ലാത്ത കാലത്ത് ജീവിച്ചവരാണ് പലരും വയസ്സായിട്ടുള്ളവർ മുഴുവൻ കറണ്ട് വന്നിട്ട് ഇപ്പൊ കുറച്ചല്ലേ ആയിട്ടുള്ളൂ അതേ ആളുകൾക്ക് ഇപ്പോ കറണ്ടേ ഇല്ലാത്ത കാലത്ത് ജനിച്ച് പത്തിരുപത് വയസ്സ് വരെ ജീവിച്ചവര് പിന്നീട് കറണ്ട് വന്നിട്ട് അവർക്ക് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഫാൻ ഇല്ലെങ്കിൽ കിടന്നുപെടുക ആശ്രയദോഷം ആശ്രയദോഷം അപ്പൊ എന്തിനെ ആശ്രയിക്കണമോ അത് നമ്മളെ പിടിക്കും നമ്മൾ എന്തിനെങ്കിലും പിടിച്ചാൽ അത് നമ്മളെ പിടിക്കും വാസ്തവത്തിൽ നമ്മളാണ് നമ്മൾ പിടിച്ചാൽ നമ്മൾ പിടിക്കപ്പെടും ഇത് നിയമമാണ് ലോകത്തിൽ എന്ത് വസ്തുവിനെ ആശ്രയിച്ചാലും ആശ്രയിക്കണ വസ്തു നമ്മളുടെ യജമാനനാവും ചിലര് രാവിലെ ഒരു ബർമഡോഫ് ട്രൗസർ വിട്ടിട്ട് ഒരു നായിനെയും പിടിച്ചുകൊണ്ട് സ്ട്രീറ്റിൽ നടക്കും ഉണ്ടോ എന്ന് അറിയില്ല ടൗണിലൊക്കെ പോയാൽ ധാരാളം കാണാം അല്ലേ വാസ്തവത്തിൽ അവർ നായെ പിടിച്ചിരിക്കണോ നായ അവരെ പിടിച്ചിരിക്കണോ നായിക്ക് ഇവരുടെ കൂടെ നടക്കണമെന്നൊന്നും നിർബന്ധമില്ല ഉണ്ടോ അത് വിട്ടുകഴിഞ്ഞാൽ അതിന്റെ പാട്ടിൽ പോവും ഇവർക്കാണ് അത് അവരുടെ കൂടെ നടക്കണ നിർബന്ധം അതുകൊണ്ട് അവർക്ക് അതിനെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റിയ അതുകൊണ്ട് വാസ്തവത്തിൽ ധാരാണോ പിടിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ എന്തിനെങ്കിലും പിടിച്ചാൽ അത് നമ്മളെ പിടിക്കും അപ്പൊ ജഡത്തിനെ ആശ്രയിച്ചാൽ ജഡം നമ്മളുടെ യജമാനായിട്ട് തീരും ജഡവസ്തുക്കളെ ഉപയോഗിക്കണത് കൊണ്ട് ദോഷ്യല്ല പക്ഷെ ഉപയോഗിക്കുമ്പോ ചൈതന്യം ജഡത്തിന് അടിമപ്പെട്ടു പോകും നമ്മളുടെ അനുഭവത്തിൽ നമുക്ക് കാണാം ചെറിയ ചെറിയ അനുഭവങ്ങൾ കാപ്പിക്ക് ജീവനുണ്ടോ ചോദിക്കാപ്പി കുടിക്കാൻ കാപ്പിക്ക് ജീവനുണ്ടോ അത് നിങ്ങളുടെ അടുത്ത് എന്നെ കുടിക്കൂ കുടിക്കൂന്ന് പറഞ്ഞോ നമ്മൾ കുടിച്ചു പഴകി അല്ലെ പഴകി കഴിഞ്ഞ് രാവിലെ എണീറ്റ വയ്യ ഏകാദശി ആണെങ്കിലും ശരി വ്രതമാണെങ്കിലും ശരി അതൊന്നും ഉള്ളില് പോയിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല തലവേദനിക്കുന്നു പല വിഷമങ്ങളെ കാപ്പിയൊന്നും നമ്മളെ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ല നമ്മള് അതിനെ ആശ്രയിച്ചത് കൊണ്ട് അത് നമ്മളുടെ യജമാനായിട്ട് തീർന്നു അത് കൂടാതെ കഴിയില്ല കാപ്പി ചായ കുടിക്കണം മദ്യപാനം ചെയ്യുന്നവർക്കത് എന്തും ജടവസ്തുക്കളുടെ ഒക്കെ സ്വഭാവം ഇതാണ് അതിൽ അഡിക്ഷൻ ഒരുപാട് കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ട് ടി വിക്ക് ജീവനുണ്ടോ കേൾക്ക് കാണില്ലെന്ന് വച്ചാലും എണീറ്റ് പോയി ഓൺ ചെയ്ത് ആ സമയമാവുമ്പോ കാണുക കാണാതിരിക്കാൻ പറ്റില്ല അത് സീരിയൽ കണ്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പൊ ജടവസ്തുക്കളൊക്കെ നമ്മളിങ്ങനെ പിടിക്കുക അതേപോലെ തന്നെ നമ്മളുടെ ശരീരം ശരീരം തൊട്ടു തുടങ്ങി വസ്തുക്കൾ നമ്മളുടെ മേലെ സ്വാധീനം ചെലുത്തും ഈ സ്വാധീനത്തിനെയാണ് നമ്മൾ ബന്ധം എന്ന് പറയുന്നത് ഈ സ്വാധീനത്തിൽ നിന്നുള്ള പിടിവിടലാണ് മോക്ഷം പിടിവിട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്താണോ അതായിട്ട് നിൽക്കും പിടിവിടുമ്പോ നമുക്ക് പുതിയതായിട്ടൊന്നും കിട്ടിയില്ല പക്ഷെ നമ്മൾക്ക് നാച്ചുറലായിട്ടുള്ള നമുക്ക് സഹജമായിട്ടുള്ള നമ്മളുടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി അത്രയേ ഉള്ളൂ പുതിയതായിട്ടൊന്നും കിട്ടിയില്ല നമുക്ക് സഹജമായിട്ടുള്ള നമ്മളുടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി അത്രയേ ഉള്ളൂ ഉറക്കത്തില് സ്വപ്നത്തില് ഒരു ദിവസം സ്വപ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് മരം കയറാൻ അറിയില്ല പക്ഷെ സ്വപ്നത്തില് ഞാൻ ഒരു തെങ്ങിന്റെ മണ്ടക്കിയിരിക്കണു അവിടെ ഇരുന്നിട്ട് ആലോചിക്കാനെങ്ങനെ ഇതിന്റെ മുകളിൽ എത്തി ഇപ്പൊ എങ്ങനെ ചുവട്ടിലിറങ്ങും നിലവിളിച്ചോ അവിടെ നിന്ന് നിലവിളിക്കുമ്പോ ആരും കേക്കണില്ല കേട്ടാലും ആരും വന്ന് ഇറക്കാൻ പോണില്ല ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ തെങ്ങിങ്ങനെ ആടണോണ്ടേ കാറ്റില് തെങ്ങിന്റെ മണ്ടക്കെ ഇരിക്കാടും ഇങ്ങനെയാ ഇറങ്ങാൻ ഒരു വഴിയും കാണാനില്ല അതിന്റെ ഇടയിൽ കാക്ക വന്നിരിക്കണു തലയില് പിടിവിട്ടിട്ട് കാക്ക ഓടിക്കാൻ പറ്റുമോ ഇങ്ങനെ മണ്ടയിൽ തെങ്ങിന്റെ മണ്ടയിൽ ഇരിക്കുമ്പോ പിടിച്ചിരിക്കണ പട്ട അത് പൊട്ടി പൊട്ടി ചുവട്ടില് വീഴാണ് അപ്പോഴാണ് കട്ടിൽ നിന്ന് ചുവട്ടില് വീണത് എണീറ്റു ഇപ്പൊ തെങ്ങും ഇല്ല തെങ്ങിന്റെ മണ്ടയ്ക്ക് കയറിയതുമില്ല വീണതും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ഇതേപോലെ സംസാരത്തില് ഒരു പ്രശ്നം നമ്മളുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അതൊക്കെ പരിഹരിക്കാനും ആ തെങ്ങിന്റെ തലപ്പിൽ നിന്ന് ചുവട്ടിലേക്ക് ഇറങ്ങാനുള്ള വിഷമം പോലെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക നമ്മള് ജരാ വ്യാധി മരണം ഇതൊക്കെ എങ്ങനെ ഇല്ലാതാക്കും ഇതൊക്കെ സത്യമാണെങ്കിൽ നമ്മളെ ഇല്ലാതാക്കാനേ പറ്റില്ല ഇല്ലാതാക്കാൻ സാധ്യമല്ല ഇതൊക്കെ സത്താണെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാൻ സാധ്യമല്ല പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയാണെങ്കി മോക്ഷമില്ലാന്നർത്ഥം മോക്ഷം സാധ്യമല്ല മരണം സത്യമാണെങ്കിൽ ജരാ സത്യമാണെങ്കിൽ വ്യാധി സത്യമാണെങ്കിൽ ജന്മം സത്യമാണെങ്കിൽ മോക്ഷം സാധ്യമാവില്ല പക്ഷേ നമ്മളുടെയൊക്കെ ഭാഗ്യം അതൊന്നും സത്യമല്ല എന്നാണ് ഋഷികളുടെ ഒക്കെ കണ്ടെത്തൽ ബുദ്ധന്റെ കണ്ടെത്തൽ നമുക്കും അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ കണ്ടെത്താവുന്നത് വിശ്വസിക്കൊന്നും വേണ്ട നമുക്കായിട്ട് കണ്ടെത്താം ഇതൊന്നും സത്യമല്ല സത്യ ഇത് നമുക്കല്ല ഏർപ്പെടുന്നത് ഭാഗവതത്തിൽ ഏഴ് ദിവസം കഥ പറഞ്ഞു കൊടുത്തിട്ട് ഏഴാമത്തെ ദിവസം പരീക്ഷത്തിനോട് സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു രാജാവേ അങ്ങ് മരിക്കും എന്നുള്ള ഈ അജ്ഞാനം എടുത്തു ദൂരകളിയാണ് ത്വം തുരാജൻ മരിഷേതി പശുബുദ്ധിമിമാം ജഹിതഹാത്വം രാജാവേ അങ് ജനിച്ചിട്ടേ എന്നിട്ട് വേണ്ട മരിക്കാൻ ജനിച്ചത് ഈ ശരീരമാണ് ഈ ശരീരം ജനിച്ചു ഈ ശരീരം വളർന്നു ഈ ശരീരം പരിണമിച്ചു ഈ ശരീരം മരിക്കും സ്വപ്നത്തിൽ കാണുന്ന ഒരു ശരീരത്തിന്റെ ദുഃഖങ്ങളെ തന്റെ ദുഃഖം കരുതുന്ന പോലെ ജാഗ്രതത്തിൽ കാണുന്ന ഈ ശരീരത്തിന് താങ്കൾ ആത്മാവ് ധരിച്ച് ഞാൻ എന്ന് ധരിച്ചത് ഈ ദുഃഖമൊക്കെ അങ്ങയെ ബാധിക്കുന്നു ഈ ശരീരം അങ്ങല്ല ഈ കാണുന്ന ഈ ജാഗ്രത അവസ്ഥ കുറച്ചു കഴിഞ്ഞാൽ അവസാനിക്കും അത് വാസ്തവമല്ല അങ്ങീ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നും തന്നെ അല്ല ഇതിനൊക്കെ പുറകില് ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ നിൽക്കുന്ന പൂർണ്ണ വസ്തു ബോധം ഞാൻ ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവമേ സ്വരൂപമായിട്ടുള്ള അറിവ് ജപ്തി ആ ഞപ്തിയാണ് അവിടുത്തെ സ്വരൂപം ശാശ്വതമായ വസ്തു ശാന്തി അതിന്റെ സ്വരൂപമാണ് നിത്യത്വം അതിന്റെ സ്വരൂപമാണ് അനുഭൂതി അതിന്റെ സ്വരൂപമാണ് അതിനെ കണ്ടെത്തുക നിത്യാനുഭൂത നിജലാഭ നിവൃത്ത കൃഷ്ണ ഭാഗവതത്തില് ഋഷഭചരിത്രത്തില് ഈ ഉപദേശം അവസാനം വരുന്നു നിത്യവും നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള വസ്തുവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് നിത്യവും നമ്മൾ അനുഭവിക്കണു പക്ഷെ ഇതിനെയാണ് അനുഭവിക്കണത് എന്ന് അറിയണില്ല നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിൽ ഈശ്വരൻ ആത്മാവ് അഥവാ ബ്രഹ്മം ഒളിഞ്ഞുകിടക്കണു ഒളിഞ്ഞുകിടക്കുന്നതിനെ മറ നീക്കി നമ്മളൊന്ന് കാണണം അത്രേയുള്ളൂ പുതിയതായിട്ടൊന്നും കൊണ്ടുവരാനില്ല അതുകൊണ്ടാണ് ഈശ്വരനെ സാധന കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് പറയണത് സാധനയൊക്കെ ചിത്തശുദ്ധിക്ക് കൊള്ളാം നാടീശുദ്ധിക്ക് കൊള്ളാം ശരീരത്തിനെ ശുദ്ധമാക്കാൻ കൊള്ളാം ഈശ്വരനെ അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ ശ്രദ്ധ കൊണ്ട് വേണം കാണാൻ സാധന കൊണ്ടല്ല ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം ശ്രദ്ധ കൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് സിദ്ധമായിട്ടുള്ള വസ്തുവിനെ നമുക്ക് ശ്രദ്ധിക്കണം അതിനെ ഇവിടെ തന്നെ ശ്രദ്ധിക്കണം ഇപ്പൊ തന്നെ ശ്രദ്ധിക്കണം വീട്ടിൽ പോയിട്ട് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല ഇപ്പൊ തന്നെ ഇവിടെ ശ്രദ്ധിക്കണം നമുക്കൊക്കെ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ സ്വരൂപമായി അത് സിദ്ധമായിരിക്കും ഞാൻ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയണം ആ ഉണ്ട് എന്നുള്ള അനുഭവം ഇതിപ്പോ ജഡത്തിന് ഉണ്ടാവില്ല അല്ലെ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഞാൻ ഉണ്ട് എന്ന് അറിയില്ല അതുകൊണ്ട് അത് മറ്റുള്ളവരെയും കാണില്ല കേൾക്കില്ല മണക്കില്ല രുചിക്കില്ല സ്പർശിക്കില്ല ജീവനോടെ ഇരിക്കുമ്പോ ഈ ശരീരത്തിന് ഞാനുണ്ട് എന്നുള്ള അനുഭവം ഇത് മാത്രമാണ് ഇതിന് മരിച്ചാലും ഇപ്പോഴും വ്യത്യാസം അല്ലേ നമുക്ക് ജീവനോടെ കാണുന്ന ഒരാൾക്കും മരിച്ച ആൾക്കും എന്താ വ്യത്യാസം തലേ ദിവസം പോലെ തന്നെ ആളും ഉണ്ടാവും അല്ലേ തമിഴ്നാട്ടിലൊക്കെ പോയാലേ ജീവിക്കുമ്പോ ചെലപ്പോ ആര് ശ്രദ്ധിക്കില്ല ചെട്ടിയാർമാരുടെ ഇടയിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ഒരു ആസനത്തിലൊക്കെ ഇരുത്തി കൊണ്ടുപോകും അലങ്കരിച്ച് തലയിൽ കിരീടമൊക്കെ വെച്ച് കഴുത്തില് പൂമാലയൊക്കെ ഇട്ട് വാദ്യഘോഷങ്ങളോട് കൂടി നമുക്ക് കണ്ട കല്യാണമാണോ മരണമാണോന്നറിയില്ല രണ്ടിനും ഉണ്ടാവും ഇതുപോലെ അപ്പൊ ശരീരമുണ്ട് പക്ഷെ ഈ വാദ്യഘോഷം വല്ലതും ഒക്കെ മനസ്സിലാവുക അതിനെ പാട്ടുപാടിയ വല്ലതും കേൾക്കുവോ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിൽ അരിയിട്ട് കൊടുക്കണോ അതിന് സ്വാദ് മരിച്ചു കഴിഞ്ഞിട്ട് ചെവിയിൽ പലതും പറയും അത് വല്ലതും കേൾക്കുമോ അതൊക്കെ നമ്മളുടെ ഓരോ ആചാരംന്നല്ലാതെ ആ ശരീരത്തിന്റെ ഉള്ളിൽ അനുഭവ സ്വരൂപമായിട്ടുള്ളത് ഇപ്പൊ ഇല്ല അത് വെറും ജഡം ജഡം എന്ന് വെച്ചാൽ ഇല്ലാതാവണം അതെ ഇല്ലാത്തതാണോ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാവും കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിസപ്പിയർ മറഞ്ഞുപോകും സത്ത് വിട്ട് കഴിഞ്ഞാൽ മാറിത്തുടങ്ങും അല്ലെ അഴുകിത്തുടങ്ങും ചീഞ്ഞു തുടങ്ങും ചീഞ്ഞു പോവും കുറച്ച് കഴിയുമ്പോൾ ചീഞ്ഞുപോകും മറിഞ്ഞു പോകും സ്വയം പറഞ്ഞു പോകും നമ്മൾ കുഴിച്ചിട്ടില്ലെങ്കിലും ഇവിടെ മണ്ണിൽ ഇട്ടുവെച്ചാലും അവിടെ തന്നെ ചീഞ്ഞ് മണ്ണോട് മണ്ണായിട്ട് പോകും അപ്പൊ ഈ ശരീരം മനസ്സ് ബുദ്ധി മുതലായിട്ടുള്ളതൊക്കെ ഇപ്പൊ പ്രവർത്തിക്കാനും വ്യവഹരിക്കാനും കാരണം യസ്യ സാന്നിധ്യമാത്രേണ ദേഹേന്ദ്രിയ മനോധിയ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയാ വിഷയേഷു സ്വകീയേഷു വർത്തന്തേ പ്രേരിതായിവ ഏതൊരു അനുഭവസ്വരൂപനായ സത്ത അനുഭവസ്വരൂപനായ ആത്മവസ്തുവിന്റെ സന്നിധി കൊണ്ടാണോ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ആ സന്നിധിയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ സൂക്ഷ്മമായ പ്രസൻസ് സന്നിധി നമുക്ക് ഇപ്പൊ തന്നെ നമ്മളുടെ ഉള്ളിൽ ഉള്ളതിനെ ആ തിരശീല നമ്മളുടെ അനുഭവ ജാഗ്രത സ്വപ്നം സുഷുപ്തി മുതലായ അവസ്ഥകൾക്കൊക്കെ പുറകിൽ ഇപ്പൊ നിങ്ങളോട് പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കണു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണു ഈ കേൾക്കുന്നതിന് പുറകില് ഈ പറയണതിനു പുറകില് ഒരു തിരശീല പോലെ അധിഷ്ഠാനമായിട്ട് ആ സത്ത സദാ ലഭിച്ചിരിക്കണു നമുക്ക് സിദ്ധമായിരിക്കണം അപ്പൊ ആ സിദ്ധമായ വസ്തുവിനെ ശ്രദ്ധിക്കലാണ് ധ്യാനം ആ ശ്രദ്ധ ഏർപ്പെടാതെ ഉള്ള ധ്യാനമൊക്കെ തന്നെ ഒന്നിൽ ഒരു എന്റർടൈൻമെന്റ് ഒരു ഒരു വേണ്ടി ചെയ്യുന്ന കാര്യം അല്ലെങ്കിലോ നമുക്ക് പക്വതയ്ക്ക് വേണ്ടിയുള്ള ഒരു അഭ്യാസം ഉള്ളൂ യഥാർത്ഥ ധ്യാനം എന്ന് ഭഗവാൻ പറയണത് ഈ സ്വരൂപ ശ്രദ്ധ ആ സ്വരൂപ ശ്രദ്ധ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ധ്യാനത്തിൽ ഒരാൾക്ക് ശ്രദ്ധ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ധ്യാനത്തിൽ ഒരാൾക്ക് നിശ്ചലത അനുഭവപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാനെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം ഈശ്വരനെ കണ്ടെത്തിയിരിക്കുന്നു ആ ഈശ്വരനെ കണ്ടെത്തിയതിന്റെ ഫലം എന്താ ശാന്തി മറിച്ചതി ശാന്തി നേടുന്നു ശാന്തി ഇവിടെ ഉണ്ട് അല്ലേ ഇവിടെ മുഴുവൻ തളം കെട്ടി നിൽക്കുന്നു ശാന്തി ശാന്തി നമ്മളുടെ ഉള്ളിലുണ്ട് ശാന്തി പുഷ്പത്തിൽ നിന്ന് സുഗന്ധം പോലെ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കണം ശാന്തിയാണ് വാസ്തവത്തിൽ ഉള്ളത് അശാന്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അശാന്തി ഉണ്ടാക്കണം ശാന്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അശാന്തി പോയാൽ ഉള്ളത് ശാന്തിയാണ് അശാന്തിക്ക് ചിത്തവൃത്തികൾ വേണം ചിത്തവൃത്തികൾ കളഞ്ഞാൽ നമുക്ക് സിദ്ധമായിട്ടുള്ളത് ശാന്തി അപ്പൊ ശാന്തി ആത്മാവിന്റെ സ്വരൂപമാണ് ശാന്തി നിത്യമായിട്ടുള്ളതാണ് ആ ശാന്തിയെ ശാന്തിയെ നമ്മള് ഭഗവത് സ്വരൂപം എന്ന് വിളിക്കുന്നു അത് നമ്മൾ ഉള്ളിൽ കണ്ടെത്തിയാൽ ശാന്തിയും റിച്ച് ആത്മാവിനെ കണ്ടെത്തിയാൽ ആ നിശ്ചല സത്യത്തിനെ കണ്ടെത്തിയാൽ ശാന്തി നമുക്ക് ലഭിക്കുന്നു അതിന് ആദ്യം പതുക്കെ പതുക്കെ ഒരു അഭ്യാസം ധ്യാനാഭ്യാസം ധ്യാനം ചെയ്ത് തുടങ്ങണം ശീലിച്ചു തുടങ്ങണം അതിനു വേണ്ടിയിട്ടാണ് ഈ ആറാമത്തെ അധ്യായം ഭഗവാൻ ആരംഭിക്കുന്നത് ഇതിന് അധ്യാത്മയോഗം ധ്യാനയോഗം എന്നൊക്കെ പേര് അധ്യാത്മയോഗം എന്ന് വെച്ചാലും അധ്യാത്മം എന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചുള്ളത് ആത്മാവിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുന്നത് അധ്യാത്മം വിഷയേഭ്യ പ്രതിസംഹൃത്യ ചേതസഹ ആത്മനി സമാധാനം അധ്യാത്മ യോഗ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ച് സ്വരൂപത്തിൽ നിർത്തുന്നത് അധ്യാത്മം അത് തന്നെ ധ്യാനം ഈ ധ്യാനം എങ്ങനെ ചെയ്യാം അതിനുള്ള മാർഗം എന്താണ് നമ്മളുടെ സഹജമായിട്ടുള്ള ധ്യാനത്തിനെ നമുക്ക് സ്വന്തമാക്കാം ഇതാണ് ഇനിയുള്ള വിഷയം ഇപ്പൊ സമയം എട്ട് മണി കഴിഞ്ഞിരിക്കണോ നമുക്ക് നാളെ കാണാം